സത്യവിശ്വാസികളെ നിങ്ങൾ പിശാജിന്റെ കാലടികളെ പിന്തുടരരുത് ആരെങ്കിലും പിശാജിന്റെ കാലടികളെ പിന്തുടർന്നാൽ അവൻ തീർച്ചയായും നീചവൃത്തിയിലേക്കും നിഷിദ്ധമായ കാര്യങ്ങളിലേക്കും പ്രേരിപ്പിക്കും അള്ളാഹുസുബഹാനുഹൂവ ടായാല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ഒരിക്കലും ശുദ്ധീകരിക്കപ്പെടുമായിരുന്നില്ല എന്നാൽ അള്ളാഹു സുബഹാനുഹൂവ ടായാല താനുദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു അള്ളാഹുസുബഹാനുഹുവ ടായാല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്